ം യഹോവ പിന്നെയും മോശയോട് നീ അഹരോനോടും അവനോടുകൂടെ അവന്റെ പുത്രന്മാരെയും വസ്ത്രം അഭിഷേക തൈലം പാപയാഗത്തിനുള്ള കാള രണ്ട് ആട്ടുകൊറ്റന്മാർ കൊട്ടയിൽ പുളിപ്പില്ലാത്ത അപ്പം എന്നിവയുമായി കൊണ്ടുവരികയും സഭയെ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ കൂട്ടുകയും ചെയ്യുക യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സഭ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ വന്ന് കൂടി മോശ സഭയോട് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു പറഞ്ഞു മോശ അഹരോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി അവനെ ഉള്ളങ്കി ഇടുവിച്ച് നടുക്കെട്ട് കെട്ടിച്ച് അങ്കി ധരിപ്പിച്ച് യെഫോദ് ഇടുവിച്ച് യഫോതിന്റെ ചിത്രപ്പണിയായ നടുക്കെട്ട് കെട്ടിച്ച് അതിനാൽ അത് മുറുക്കി അവനെ പതക്കം ധരിപ്പിച്ചു പതക്കത്തിൽ ഊറീമും തുമ്മീമും വെച്ചു അവന്റെ തലയിൽ മുടി വെച്ചു മുടിയുടെ മേൽ മുൻവശത്ത് വിശുദ്ധ കിരീടമായ പൊൻഭട്ടം വെച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ അഭിഷേക തൈലം എടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു അതിൽക്കൂറെ അവൻ യാഗപീഠത്തിന്മേൽ ഏഴു പ്രാവശ്യം തളിച്ച് യാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിന്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു അവൻ അഹരോന്റെ തലയിൽ അഭിഷേക ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു മോശ അഹരൂന്റെ പുത്രന്മാരെ വരുത്തി അങ്കിധരിപ്പിച്ച് നടുക്കെട്ട് കെട്ടിച്ച് തലപ്പാവും ഇടുവിച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ പാപയാഗത്തിനുള്ള കാളയെ കൊണ്ടുവന്നു പാപയാഗത്തിനുള്ള കാളയുടെ തലയിൽ അഹരൂനും പുത്രന്മാരും കൈവച്ചു അവനതിനെ അറുത്തു മോശ അതിന്റെ രക്തമെടുത്ത് വിരൽ കൊണ്ട് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടി യാഗപീഠം ശുദ്ധീകരിച്ചു ശേഷം രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു അതിനുവേണ്ടി പ്രായച്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിച്ചു കുടലിന്മേലുള്ള സകലാമേതസും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേധസ്സും മോശയെടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു എന്നാൽ കാളയെയും അതിന്റെ തോൽ മാംസം ചാണകം എന്നിവയേയും അവൻ പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു അഹരൂനും പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലയിൽ കൈവച്ചു അവനതിനെ അറുത്തു മോശ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു ആട്ടുകൊറ്റനെ ഖണ്ണം ഖണ്ണമായി ഖണ്ണിച്ചു മോശ തലയും ഖണ്ണങ്ങളും മേധസ്സും ദഹിപ്പിച്ചു അവൻ അതിന്റെ കുടലും കാലും വെള്ളം കൊണ്ട് കഴുകി മോശ ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു ഇത് സൗരഭ്യവാസനയായ ഓമയാഗമായി യഹോവയ്ക്കുള്ള ദഹനയാഗം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റനായ മറ്റേ ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു അഹരൂനും പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലയിൽ കൈവച്ചു അവൻ അതിനെ അറുത്തു മോശ അതിന്റെ രക്തം കുറെ എടുത്ത് അഹ്രോന്റെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെവിരലി വലത്തെ കാലിന്റെ അവൻ അഹ് പുത്രന്മാരെയും വരുത്തി മോശ രക്തം കുറെ അവരുടെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിന്റെ പെരുവിരലിന്മേലും പുരട്ടി ശേഷം രക്തം മോശ യാക്കപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു മേധസ്സും തടിച്ച വാലും കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേധസ്സും വലത്തെ കൈക്കുറകും അവൻ എടുത്തു യഹോവയുടെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കൊട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരു അപ്പവും എണ്ണയപ്പമായ ഒരു ദോശയും ഒരു വടയുമെടുത്ത് മേധസ്സിന്മേലും കൈക്കുറകിൻമേലും വെച്ചു അവയൊക്കെയും അഹരോന്റെ കൈയിലും അവന്റെ പുത്രന്മാരുടെ കൈയിലും വെച്ച് യഹോവയ്ക്ക് നീരാജനം ചെയ്തു പിന്നെ മോശ അവയെ അവരുടെ കയ്യിൽ നിന്നെടുത്ത് യാഗപീഠത്തിന്മേൽ യാഗത്തിന്മീതെ ദഹിപ്പിച്ചു ഇത് സൌരഭ്യ വാസനയായ കരപൂരണയാഗം യഹോവയ്ക്കുള്ള ദഹനയാഗം തന്നെ മോശ അതിന്റെ നെഞ്ചെടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്തു അത് കരപൂരണത്തിന്റെ ആട്ടുകൊറ്റനിൽ മോശയ്ക്കുള്ള ഓഹരി ആയിരുന്നു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ അഭിഷേക തൈലവും രക്തവും കുറശെടുത്ത് അഹരോന്റെ മേലും അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രമാരുടെ മേലും പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും തളിച്ചു അഹരോനെയും അവന്റെ വസ്ത്രത്തെയും അവന്റെ പുത്രന്മാരെയും പുത്രന്മാരുടെ വസ്ത്രങ്ങളെയും ശുദ്ധീകരിച്ചു അഹരോനോടും അവന്റെ പുത്രന്മാരോടും മോശ പറഞ്ഞത് എന്തെന്നാൽ മാംസം നിങ്ങൾ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ വച്ച് പാകം ചെയ്ത് അഹരോനും പുത്രന്മാരും അത് തിന്നണമെന്ന് എനിക്ക് കൽപ്പനയുണ്ടായതുപോലെ അവിടെ വച്ച് അതും കരപൂരണത്തിന്റെ കൊട്ടയിൽ ഇരിക്കുന്ന അപ്പവും പിന്നുവീഴും മാംസത്തിലും അപ്പത്തിലും ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം നിങ്ങളുടെ കരപൂരണ ദിവസങ്ങൾ തികയുവോളം നിങ്ങൾ ഏഴു ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് ദിവസം അവൻ നിങ്ങൾക്ക് കരപൂരണം ചെയ്യും നിങ്ങൾക്കുവേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഇന്ന് ചെയ്തതുപോലെ ഇനിയും ചെയ്യേണ്ടതിന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ മരിക്കാതിരിപ്പാൻ ഏഴു ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിന്റെ വാതുക്കൾ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച സകല കാര്യങ്ങളെയും അഹരോനും അവന്റെ പുത്രന്മാരും ചെയ് ജയി